ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് എന്നവർ പറയുന്നത് നാം തീർച്ചയായും അറിയുന്നു അവർ ആരോടാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അയാളുടെ ഭാഷ വിദേശഭാഷയാണ് എന്നാൽ ഇത് വ്യക്തമായ അറബി ഭാഷയാണ്